അധ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞെന്താണ് അധ ശബ്ദത്തിന് എന്താർത്ഥം പറഞ്ഞ സാധനചതുഷ്ടയ സമ്പത്തി അനന്തരം അതഹ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം പറഞ്ഞത് ആയതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ്യ ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് സൂത്രത്തിന്റെ അർത്ഥം ്രഹ്മ ജിജ്ഞാസ എന്നിടത്ത് എന്താണ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ അവിടെ ഷഷ്ടിയാണ് ബ്രഹ്മണോ ജിജ്ഞാസ പക്ഷെ എന്ത് ഷഷ്ടിയാണ് കർമ്മി ഷഷ്ടിയാണ് എന്ത് സൃഷ്ടിയല്ല കൃഷ്ടിയാണ് എന്ത് ഷഷ്ടിയല്ല ശേഷപ്രകാരം എന്ന ഷ്ടി ഇതാണ് പറഞ്ഞത് പരിഗ്രഹേവി ബ്രഹ്മണോ ജിജ്ഞാസാ കർമ്മത്വം നവിരുദ്ധ ശേഷ ഷ്ടി എടുക്കുക കാരണം ബ്രഹ്മണ ജിജ്ഞാസ ബ്രഹ്മണ എന്ന് പറയുന്നത് ഷഷ്ടി ശേഷപ്രകാരം എന്ന ഷ്ടി അപ്പോ അവിടെ സംബന്ധത്തിന് എന്തർത്ഥം കൊടുക്കാം സംബന്ധമെന്ന് പറയുമ്പോ ഏതർത്ഥം കൊടുക്കർന്നും എടുക്കുക അപ്പൊ ജിജ്ഞാസയുടെ കർമ്മം ആണ് ബ്രഹ്മം അങ്ങനെ കിട്ടും ജിജ്ഞാസ കർമ്മത്വം ജിജാസ്യം ആയി ബ്രഹ്മം കാരണം സംബന്ധത്തിന് എന്ന് പറഞ്ഞാൽ ഷഷ്ടിക്ക് ഏതർത്ഥം കൊടുക്കുക അപ്പോ കർമ്മം അർത്ഥം കൊടുക്കുക പിന്നെ മറ്റുള്ള അർത്ഥങ്ങൾ എടുക്കാം അതിന് ഒരുപാട് പ്രയോജനമുണ്ട് പിന്നെ ഇവിടെ കർമ്മസൃഷ്ടി കർമ്മം എന്ന് പറയുന്ന ഒരർത്ഥത്തെ മാത്രം എന്തിനെടുക്കണം ആണ് ചോദിക്കുന്നത് ശേഷ ഷഷ്ടി പരിഗ്രഹ വി കർമ്മന് ഷ്ടി അല്ലാതെ ഷഷ്ടി ശേഷി എന്നുള്ള സൂത്രപ്രകാരം വരുന്ന ഷഷ്ടിയെ സ്വീകരിച്ച് ഞാൻ സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടിയെ സ്വീകരിച്ച് കഴിഞ്ഞാൽ പരിഗ്രഹിക്കുക ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്വം തന്നെയാണ് ജിജ്ഞാസ്യം അപ്പൊ ബ്രഹ്മകർമ്മക ജിജ്ഞാസ എന്നർത്ഥം കിട്ടും കണ്ണു ഷഷ്ടിക്കർത്ഥം കൊടുക്കുക സഹകര്മ്മത്തിന്റെ എന്തുകൊണ്ട് സംബന്ധ സാമാന്യ വിശേഷനിഷ്ടിശേഷ സംബന്ധം സംബന്ധം ഏതുമാകാം അപ്പൊ ഇവിടെ കർമ്മസംബന്ധം സംബന്ധമെന്ന് പറഞ്ഞാൽ സാമാന്യം വിശേഷമെന്ന് പറഞ്ഞാൽ അത് കർത്താവോ കർമ്മോ വേറെ എന്തുവേണോ ആകാം മാന്യസ് ഷഷ്ടി ശേഷേ സാമാന്യം സംബന്ധം എന്നുള്ള അർത്ഥം അവിടെ സംബന്ധം എന്ന് മാത്രമേ ഉള്ളൂ വിശേഷ സംബന്ധം പറയുന്നില്ല പക്ഷെ അങ്ങനെ സാമാന്യ സംബന്ധം എന്നുള്ള അർത്ഥം പറയുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെന്തോരും വിശേഷാർത്ഥം വരും ആ സംബന്ധം എന്താണ് എന്നുള്ളതാണ് അവിടെ എന്തോരം വിശേഷമായ സംബന്ധം വരും വിശേഷമായ സംബന്ധം എന്താണ് ജിജ്ഞാസ കർമ്മം ആവുന്നു ബ്രഹ്മം എന്ന് വരും അപ്പൊ കർമ്മത്വം വരും അപ്പൊ സംബന്ധ സാമാന്യം എന്ന് പറയുന്നത് എന്താണ് ഷഷ്ടിയുടെ അർത്ഥമാണ് സംബന്ധം സാമാന്യം എന്ന് പറഞ്ഞാൽ വിശേഷാർത്ഥം പറയുന്നില്ല സംബന്ധം എന്ന് മാത്രം പറയുക പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംബന്ധം എന്നുള്ള ഏത് വിശേഷാർത്ഥവും കൊടുക്കാം അപ്പൊ കർമാർത്ഥത്തെയും എടുക്കാം അതൊരു വിശേഷ സംബന്ധമാണ് അപ്പോ ബ്രഹ്മ ആണവിടുത്തെ കർമ്മം എന്തിന്റെ ജിജ്ഞാസയുടെ കർമ്മം എന്നുള്ള അർത്ഥം കിട്ടും പറയുന്നത് അങ്ങനെ വരും ശരിയാണ് പക്ഷെ ഏവമപി പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മ ഉസൃജ്യ സാമാന്യദ്വാരേണ പരോക്ഷം കർമ്മത്വം കൽപ്പയുതോ വൃദ്ധപ്രയാസ്യ പക്ഷേ ബ്രഹ്മത്തിന് കർമ്മത്വം എന്ന് പറയുന്നത് ജിജ്ഞാസ കർമ്മത്വം എന്ന് പറയുന്നത് അവിടെ കർമ്മണി ഷഷ്ടി എടുക്കുകയാണെങ്കിൽ കർമ്മത്വം എന്നുള്ള അർത്ഥം നേരിട്ട് കിട്ടുകയാണ് ജിജ്ഞാസയുടെ കർമ്മം എന്തായി ബ്രഹ്മം കർമ്മിന് ഷഷ്ടിയാണെങ്കിൽ അതെടുക്കാതെ ആദ്യം ഇവിടെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ജിജ്ഞാസാസംബന്ധിയായ ബ്രഹ്മം എന്നർത്ഥം വരും ജിജ്ഞാസംബന്തിയായ ബ്രഹ്മം ആ സംബന്ധം എന്താണ് ജിജ്ഞാസയുമായി ബ്രഹ്മത്തിനെന്താണ് സംബന്ധം കർമ്മസംബന്ധം ഇപ്പൊ ജിജ്ഞാസയുടെ കർമ്മമായി അപ്പൊ ആദ്യ സാമാന്യമായി ജിജ്ഞാസാ സംബന്ധം ബ്രഹ്മത്തിൽ വരും അല്ലെങ്കിൽ ബ്രഹ്മസംബന്ധയോട് വരെ ജിജ്ഞാസ വരും അത് സാമാന്യ സംബന്ധമെന്ന് പറയാ പിന്നെ അത് എന്ത് സംബന്ധമാണെന്ന് ചോദിക്കുമ്പോ എന്ന് പറയും ആ ജിജ്ഞാസയുടെ കർമ്മമാണ് ബ്രഹ്മം വിശേഷം ഇപ്പൊ സാമാന്യത്തെ എടുത്തിട്ട് പിന്നീട് വിശേഷാർത്ഥത്തെടുക്കുന്നതിൽ നല്ല ഏതാണ് നേരിട്ട് വിശേഷാർത്ഥത്തെടുക്കുക ഇപ്പ ജിജ്ഞാസയുടെ കർമ്മം ആയി എന്ത് ബ്രഹ്മം മറ്റു വളഞ്ഞ വഴിയാണെന്നുള്ളത് ഒന്ന് നേര വഴി മറ്റൊന്ന് വളഞ്ഞ വഴി അപ്പൊ എന്തായാലും കിട്ടും പക്ഷേ ഏവോ മബി കളഞ്ഞ വഴി കിട്ടുമെങ്കിലും പ്രത്യക്ഷം ബ്രഹ്മണകർമ്മത്വ സൃജ്യ കർമ്മി എടുത്തു കഴിഞ്ഞാൽ വരും ജിജ്ഞാസ കർമ്മത്തോടെ വരും ബ്രഹ്മ അതാണ് പ്രത്യക്ഷം ബ്രഹ്മണകർമ്മത്വം ബ്രഹ്മണ പ്രത്യക്ഷം കർമ്മത്വം ബ്രഹ്മത്തിൽ വരുന്ന പ്രത്യക്ഷകർമ്മത്വത്തെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് സാമാന്യദ്വാരേണ പരോക്ഷം കർമ്മത്വം നേരിട്ടല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പരോക്ഷം ഒന്ന് കർമ്മത്വം ആദ്യം ഒരു സാമാന്യർത്ഥം കൊടുക്കുന്നു എന്താണ് സംബന്ധം ബ്രഹ്മ ജിജ്ഞാസ അവിടെ ജിജ്ഞാസക്ക് ബ്രഹ്മവുമായിട്ടൊരു സംബന്ധമുണ്ട് ഇതാണ് സാമാന്യം അത് കഴിഞ്ഞിട്ട് എന്തുപറയുന്നു ആ സംബന്ധം കർമ്മമാണ് ഇപ്പം കർമ്മമായി ബ്രഹ്മം അതാണ് സാമാന്യത്വയാണ് ആദ്യം സാമാന്യം ഒരു അർത്ഥം കൊടുക്കുന്നു സംബന്ധ സാമാന്യം പരോക്ഷം കർമ്മത്വം കർമ്മമാവുന്നില്ല നേരിട്ട് കർമ്മമാവണമെങ്കിൽ എന്ത് വേണം അവിടെ കർമ്മത്തിൽ ഷഷ്ടി വരണം പക്ഷെ ഇവിടെ എന്താണ് സംബന്ധ സാമാന്യത്തിൽ ഷഷ്ടിയാവുന്നിരിക്കുന്നു എന്നിട്ട് പിന്നെ ആ എന്ത് സംബന്ധമെന്ന് ചോദിക്കുമ്പോൾ കർമ്മത്തിൽ എത്തിച്ചേരുന്നു അപ്പൊ പരോക്ഷ കർമ്മത്വമാണ് നേരിട്ടുള്ള കർമ്മത്വം ഉണ്ട് അങ്ങനെ ഒരു പരോക്ഷ കർമ്മത്വത്തെ കല്പയ്യത കല്പിക്കുന്നവർക്ക് വ്യർത്ഥമായ അധ്വാനമാകും അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല അതിന് നല്ലത് എന്താണ് നേരിട്ട് ഒരർത്ഥം കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനെടുക്കുക വളഞ്ഞ വഴി എന്തിനു സ്വീകരിക്കണം അപ്പം നേരിട്ടൊരർത്ഥം കിട്ടും എന്താണ് ബ്രഹ്മം എന്താണ് കർമ്മമാണ് പരോക്ഷം കർമ്മത്വം വളഞ്ഞ് കർമ്മത്വത്തെ കണ്ടുപിടിക്കുന്നതാണ് പരോക്ഷം അത് കല്പിക്കുന്നവർക്ക് വ്യർത്ഥ പ്രയാസ വ്യർത്ഥമായ പ്രയാസം പ്രയത്ന യത്നമാവും വിജേഷിച്ച് പ്രയോജനമൊന്നുമില്ല അതിനടുത്ത് മറുപടി പറയുന്നു <clears> Thank <throat> you. <clears throat> വർദ്ധത പറയുന്നു അങ്ങനെ ഒരു വർദ്ധപ്രയാസമൊന്നും പ്രയോജനശൂന്യമായ ഒരു ഏർപ്പാടൊന്നും അല്ല ഇവിടെ എന്തുകൊണ്ട് ബ്രഹ്മ ആശ്രിത അശേഷ വിചാര പ്രതിജ്ഞാന അർത്ഥത്വ കാരണം സാമാന്യ അർത്ഥം എടുക്കുന്നു ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ ആ സംബന്ധം എന്താ അർത്ഥം പറയുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിചാരങ്ങളും വരും ലക്ഷണം എന്താണ് പ്രമാണം എന്താണ് യുക്തി എന്താണ് ജ്ഞാനസാധനം എന്താണ് ഫലം എന്താണ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇപ്പൊ സംബന്ധ സാമാന്യം എന്ന് പറയുമ്പോൾ അതിന് എന്തർത്ഥം ഈ അർത്ഥങ്ങളെല്ലാം എടുക്കാം അപ്പൊ ഇതെല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംബന്ധ സാമാന്യ അർത്ഥം എടുക്കുന്നത് കർമ്മൻ സൃഷ്ടിയല്ല സൃഷ്ടി ശേഷി എന്നുള്ള പ്രകാരം അർത്ഥമെടുത്തു കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മ ആശ്രിത ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ള അശേഷ വിചാരം എല്ലാ വിചാരങ്ങളെയും പ്രതിജ്ഞാനാർത്ഥത്വ പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഷഷ്ടി എടുക്കണം സംബന്ധ സൃഷ്ടി സൃഷ്ടി ശേഷി ും ആവശ്യമില്ല വളഞ്ഞ വഴിയുടെ ആവശ്യമുണ്ട് എന്തുകൊണ്ട് പ്രധാന പരിഗ്രഹേ തത് അപേക്ഷിതായുള്ള അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം തനിയൊന്നും ബാക്കി പറഞ്ഞല്ലോ എന്താണ് ബ്രഹ്മജ്ഞാനത്തെ ബ്രഹ്മത്തെ ആസ്വരിച്ചുള്ള ലക്ഷണം പ്രമാണം യുക്തി ജ്ഞാനം ഫലം സാധന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്തൊരും മുഖ്യ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അതിനോടൊപ്പം വന്നോളൂ അപ്പൊ എല്ലാ വിചാരവും ചെയ്യാം അതിനുവേണ്ടിയിട്ട് മുഖ്യമായ കർമ്മണിഷ്ടി വിട്ടിട്ട് സാമാന്യമായ സംബന്ധ സൃഷ്ടി എടുക്കേണ്ട ആവശ്യം ഇല്ല അതാണ് പ്രധാന പരിഗ്രഹേ തത് അപേക്ഷിതാനാം അർത്ഥാക്ഷിതം ആ പ്രധാനത്തെ അപേക്ഷിച്ചിട്ടുള്ളതെല്ലാം അർത്ഥസിദ്ധമോ അർത്ഥാവതി പ്രമാണത്തിലൂടെ കിട്ടുന്നു ബ്രഹ്മി ജ്ഞാനേന ആപ്തം ഇഷ്ടതമത്വം പ്രധാനം പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനത്തിലൂടെ പ്രാപിക്കാൻ ഇഷ്ടതമമായിരിക്കുന്നു അതുകൊണ്ട് പ്രധാനം കൂടെ ഏതാണ് ബ്രഹ്മം അതാണ് ബ്രഹ്മി ജ്ഞാനേന ജ്ഞാനത്തിലൂടെ ആപ്തും പ്രാപിക്കുന്നതിന് ഇഷ്ടതമമായിരിക്കുന്നത് അത് ജ്ഞാനത്തിലൂടെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമ്പാദിക്കുക എന്ന അർത്ഥമാണ് പ്രാപിക്കാനൊന്നുമില്ല തസ്മിൻ പ്രധാനേ ജിജ്ഞാസാകർമ്മി പരിഗ്രഹിയില് ജിജ്ഞാസിതേര് വീണ ബ്രഹ്മ ജിജ്ഞാസിതം നവതി താനി അർധാക്ഷിപ്താന് പൃഥക്സൂത്രി പറഞ്ഞതിന് ഉപസംഹരിക്കുന്നു അതുകൊണ്ട് എന്താണ് ്രഹ്മ ജിജ്ഞാസയുടെ കർമ്മമായി ബ്രഹ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അർത്ഥസിദ്ധമാകും മറ്റുള്ളവർ കൂടെ വേണം ബ്രഹ്മ ജിജ്ഞാസിക്കു പറഞ്ഞാൽ അതെല്ലാം കൂടെ എടുക്കുന്ന അപ്പൊ മുഖ്യമായിട്ട് എന്ത് വേണം ബ്രഹ്മം വേണം അപ്പൊ ജിജ്ഞാസയുടെ മുഖ്യമായ കർമ്മമായിട്ട് എങ്ങനെ ബ്രഹ്മത്തെ ബ്രഹ്മത്തെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങള് പറയുന്ന പ്രമാണ യുക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം വന്നുചേരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ബ്രഹ്മകർമ്മം ജിജ്ഞാസാകർമ്മം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്നുള്ളത് കിട്ടണവേണ്ടി എന്ത് സൃഷ്ടി എടുക്കണം അപ്പൊ ഇവിടത്തെ തർക്കം ഇവിടെ കർമ്മണി ഷഷ്ടി എടുക്കണോ സംബന്ധ സൃഷ്ടി കർമ്മണി സൃഷ്ടി എടുത്തുകഴിഞ്ഞാൽ നേരിട്ട് ജിജ്ഞാസാ കർമ്മം ബ്രഹ്മം എന്ന് കിട്ടും ശേഷ സൃഷ്ടി എടുത്തുകഴിഞ്ഞാൽ അല്പം വളഞ്ഞ വഴിക്ക് ജിജ്ഞാസകർമ്മം ബ്രഹ്മ ഇത്രയുള്ള വ്യത്യാസമാണ് അത് കേവലം ഒരു ഭാഷാപരമായ തർക്കം എന്നുള്ളത് അതിന് ബ്രഹ്മജ്ഞാനമായിട്ട് ബന്ധമൊന്നും ഇല്ല തസ്മിൻ പ്രധാനേ ജിജ്ഞാസാ കർമ്മി പരിഗ്രഹയിലെ പ്രധാനമായിരിക്കുന്ന ജിജ്ഞാസാ കർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിരിക്കുന്ന ജിജ്ഞാസകർമ്മം എന്താണ് ബ്രഹ്മം പ്രധാനമല്ലാത്ത ജിജ്ഞാസകർമ്മങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണം പ്രമാണ യുക്തി ജ്ഞാനസാധന ഫലങ്ങളെല്ലാം പ്രധാന ജിജ്ഞാസ കർമ്മങ്ങൾ പരിഗതി ഏർ ജിജ്ഞാസിതയർ വിനാ ബ്രഹ്മ ജിജ്ഞാസിത തന്നെ ബോധി ഏതെന്തിനെ കൂടാതെ ബ്രഹ്മ ജിജ്ഞാസക്ക് വിഷയമാകുകയില്ലയോ എന്ന് വെച്ചാൽ ലക്ഷണപ്രമാണങ്ങളെല്ലാം വേണം അതൊന്നും കൂടാതെ കേവലം ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ല ഏത് ജിജ്ഞാസ കർമ്മങ്ങളെ കൂടാതെയാണോ ആ പറയുന്നത് ലക്ഷണപ്രമാണാദികളെ ഉദ്ദേശിച്ചിട്ടാണ് ബ്രഹ്മ ജിജ്ഞാസിതന്ന ഭവതി ബ്രഹ്മ ജിജ്ഞാസയമാകാത്തത് താനീ പറയുന്ന ലക്ഷണപ്രമാണാദികളെല്ലാം അർത്ഥ അക്ഷിതാന് അർത്ഥസിദ്ധമാണ് എന്ന് വെച്ചാൽ അർത്ഥാവത്തി പ്രമാണത്തിലൂടെ ജിജ്ഞാസാ വിഷയങ്ങളായി വരും സൂത്ര അതിനുവേണ്ടി പ്രത്യേകിച്ച് സൂത്രരചനയുടെ ആവശ്യം ഇല്ല അപ്പോ കർമ്മണി ഷഷ്ടി എന്ന് പറഞ്ഞാൽ മതി സമ്പന്ധ ഷ്ടിയുടെ ആവശ്യം ഇല്ല എന്നുള്ള അതിനുദാഹരണം പറയും യഥാ രാജാസുഗച്ചു സപരിവാരസിമനമുക്തം ബോധി തത്വ ഘോഷയാത്രയായിട്ട് രാജാവ് പോവുകയാണ് അപ്പൊ എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറയണം അസൗ രാജാവ് ഗച്ഛ രാജാവ് പോകുന്നു രാജാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് രാജാവ് കൂട്ടിന് ആരും എല്ലാ ഒറ്റക്ക് റോഡ് നടന്നു പോകുന്നു എന്നാണ് അർത്ഥം അല്ല ചതുരംഗപ്പടയോടുകൂടി രാജാവ് പോകുന്നു എന്നർത്ഥം പക്ഷെ അതിനുവേണ്ടിട്ട് എന്താണ് രാജാസുഗതി എന്ന് പറഞ്ഞാൽ മതി അപ്പവിടെ ആര് പോകുന്നു എന്നുള്ള ജിജ്ഞാസ ഛതി എന്നുള്ളതാണ് ജിജ്ഞാസ ഉത്തരം പറഞ്ഞെന്താണ് രാജാ ഗച്ഛതി അപ്പോ ആ ജിജ്ഞാസക്ക് വിഷയമായിട്ട് മുഖ്യമായി വരുന്ന എന്തോ അതിനെ അതാണ് ആ ജിജ്ഞാസാ കർമ്മ ഏത് രാജാവ് അതിനോടനുബന്ധിച്ചാണ് അപ്പം അയാൾ പോയി നോക്കുമ്പോ എന്തൊക്കെയാ കാണുന്നത് ഗജ രഥ ദുരങ്കാദികളോടുകൂടി രാജാവ് ഇങ്ങനെ പോകുന്നു എല്ലാ ആഘോഷങ്ങളും ബാക്കിയെല്ലാം അതിനോടൊപ്പം കിട്ടും ഇപ്പൊ രാജാവെന്ന് അറിഞ്ഞാൽ ബാക്കിയെല്ലാം അർത്ഥാദ് സിദ്ധിച്ചോളു അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്നതാണ് ജിജ്ഞാസ കർമ്മം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷണപ്രമാണാദികളെന്ന അർത്ഥാദ് സിദ്ധിച്ചോളൂ ആണ് പറയുന്നത് യഥാ എപ്രകാരമാണ് രാജാസു വച്ചി ആര് പോകുന്നു എന്ന് ചോദിച്ചാലും മറുപടിയായിട്ട് രാജാവ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വപരിവാര സ്ഥിരാഗ്രഹനമുക്തം കൂടി എന്തു പറഞ്ഞു കഴിഞ്ഞു പരിവാരങ്ങളോടുകൂടിയ ആ ഉത്തരത്തിലുണ്ട് രാജാവ് മാത്രമല്ല പരിവാരങ്ങളോടുകൂടിയ രാജാവിന്റെ ഗമനം സിദ്ധമാകുന്നു അതുപോലെ ബ്രഹ്മ ആണ് ജിജ്ഞാസയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഭക്ഷണ പ്രമാണാദികളോടുകൂടിയ ബ്രഹ്മമാണ് ജിജ്ഞാസയുടെ കർമ്മം ശ്രുതി അനുഗമാ ഇതൊക്കെ സംഗ്രഹവാക്യങ്ങളാണ് പിന്നെ സംഗ്രഹവാക്യം ഭാഷയത്തിൽ ശ്രുതി അനുഗമാ ശ്രുതി അനുസരിക്കുന്നത് കൊണ്ടും ശ്രുതി പ്രമാണമുള്ളത് കൊണ്ടും എന്താണ് വിശദീകരിക്കുന്നു എന്താണ് ജിജ്ഞാസയുടെ ഈ അതാദോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് ജിജ്ഞാസയുടെ കർമ്മം എന്താണ് ബ്രഹ്മമാണ് ഈ കാര്യം എവിടെ പറയുന്നു ശ്രുതി സമ്മതം ഉള്ളത് കൊണ്ടോന്നും പറയാം ശ്രുതി അനുഗമെന്ന് വെച്ചാൽ ശ്രുതിയുടെ സമ്മതം ഉണ്ട് ഇക്കാര്യത്തിൽ ശ്രുതിയുടെ സമ്മതം ഇക്കാര്യത്തിലുണ്ട് എന്താണ് ജീവന്തി അഭിസംബിസന്തി എന്നിങ്ങനെ പറയുന്നുണ്ട് തത് വിജിജ്ഞാസസ്വ തദ്ദേ അതിനെ അറിയേണ്ടതാണ് ഏതിനെ തദ് ജിജ്ഞാസയുടെ കർമ്മം എന്താണ് ബ്രഹ്മശ്രുതി നേരിട്ട് പറയാണ് ശങ്കരാചാര്യ എന്തു പറഞ്ഞാലും എന്ത് സിദ്ധാന്തം പറഞ്ഞാലും എന്തിന്റെ അടിസ്ഥാനത്തിലേ പറയൂ പരമപ്രമാണശ്രുതി ഇവിടെ ഇപ്പോ എന്ത് കർമ്മണി ഷഷ്ടിയാണോ അതോ സംബന്ധ സൃഷ്ടിയാണോ തർക്കം വന്നപ്പോ അത് കർമ്മണിഷ്ടിയാണെന്ന് ഉറപ്പിക്കുന്നത് പോലും എന്നിന്റെ അടിസ്ഥാനത്തിൽ എന്നാ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിട്ടുള്ള വ്യാകരണം എല്ലാം ചർച്ച ചെയ്തു പക്ഷെ വ്യാകരണം ചർച്ച ചെയ്താൽ പോരാ പിന്നെ എന്തു വേണം ശ്രമതി അദ്വൈതം എന്ന് പറയുന്നത് ഉറപ്പിച്ചിരിക്കുന്ന ഇവിടെ ശ്രുതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ യുക്തി വേണ്ടി വരുന്ന എന്തിനാണ് എന്തിനാണ് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നിടത്ത് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്ന പിന്നെ അതിനോടൊപ്പം എന്തുകൂടെ കാണിക്കും എല്ലാവരുടെയും അനുഭവവും ഈ സിദ്ധാന്തത്തിന് യോജിക്കുന്നതാണോ എന്ന അനുഭവം കൂടെ കാണിക്കും പ്രബല പ്രമാണമെന്ന് പറയുന്നത് ശ്രുതിയായിട്ട് തന്നെ പറയുന്നു അനുഭവം പിന്നീട് വരുന്നുണ്ട് എന്തുകൊണ്ട് ശ്രുതിയെ പരമപ്രമാണമായി സ്വീകരിക്കുന്നു അത് ദൈവം പറഞ്ഞാണ് പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ നോക്കത്തില്ല ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളുടെ ദൈവം പറഞ്ഞത് ഖുര്ആൻ ദൈവം പറഞ്ഞത് ഭഗവത്ഗീത ദൈവം പറഞ്ഞത് വേദൻ ദൈവം പറഞ്ഞത് ഈ ദൈവം പറഞ്ഞ ഈ സംഭവമാണ് ഈ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്നത് അപ്പൊ ഈ ദൈവം ഈ നാല് ഇങ്ങനെ നാലെണ്ണം പറഞ്ഞതിന് വേണ്ടി മനുഷ്യൻ തമ്മിലടിച്ച് ആവാൻ വേണ്ടി അതിനുവേണ്ടിട്ടാണ് ഓരോ സ്ഥലത്തും ദൈവം എന്ത് ചെയ്തു ഓരോന്ന് പറഞ്ഞു കൊടുത്തു ഓരോ ഭാഷയിൽ ആർക്കും പരസ്പരം മനസ്സിലാവാത്ത എന്നിട്ട് ഇത് എല്ലാം വച്ചിട്ട് ആൾക്കാർ പറയുന്നു അപ്പൊ ഇതെന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ദൈവം പറഞ്ഞു നാല് ഭാഷയിൽ നാല് ഗ്രന്ഥങ്ങൾ പറഞ്ഞു അതാണ് പരവുമായ പ്രമാണം എന്നീ പറയുന്നത് എന്റെ താല്പര്യം എന്താണ് ഏ എന്താണ് ഏ മനുഷ്യന്റെ ശുദ്ധമായ വിവര കേട് പഴയ മനുഷ്യന്റെ പഴയകാലത്തെ മനുഷ്യന്റെ വിവര കേടാണ് ഈ പറയുന്നത് ദൈവം അങ്ങനെയും മനുഷ്യരെ തമ്മിലടി മനുഷ്യരെ ഒക്കെ സൃഷ്ടിച്ചിട്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നാല് ഭാഷയിൽ പരസ്പര വിരുദ്ധങ്ങളായ നാല് ദിവസവും പറഞ്ഞുകൊടുക്കും വേറെയൊക്കെ ഉണ്ട് അപ്പം മനുഷ്യന്റെ വിവരങ്ങടാണിതല്ല പത്തോ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് മൂവായിരം വർഷം മുമ്പ് കഴിഞ്ഞ ദൈവം വന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം വെളിപ്പെടുത്തി അത് ആണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പത്തിരണ്ടായിരം വർഷം കടന്നിട്ടും മനുഷ്യൻ വിശ്വസിക്കുന്നു പറഞ്ഞ എവിടെയാ തരാറ് പറയാനായിരുന്നു എവിടെയാണ് തരാറ് മനുഷ്യന്റെ ബ്രെയിനിലാണ് മനുഷ്യന്റെ ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ വളരെ വൈകാരികമായി സ്വീകരിക്കുകയും മനുഷ്യന് ഇതിനോടെല്ലാം എന്ത് വരുന്നു വൈകാരിക അടിമത്വം വരുന്നു മനുഷ്യര് എല്ലാ മനുഷ്യനും എന്താണ് സർവ മനുഷ്യനും എന്താണ് വൈകാരിക അടിമകളാണ് മനുഷ്യന് അടിമയാകുന്നത് ആരാണ് അവനവന്റെ വികാരങ്ങളാണ് അവനവന്റെ വികാരങ്ങൾക്കാണ് മനുഷ്യന് അടിമയായിപ്പോ ഈ വൈകാരിക അടിമകളായതുകൊണ്ട് അവർക്ക് അതിൽ നിന്നും മോചിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങളിൽ പത്തിരണ്ടായിരം വർഷമായിട്ട് മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു നൂറ്റാണ്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു ആ വൈകാരിക അടിമത്തത്തിൽ നിന്നും മനുഷ്യന് പുരോഗമിക്കുന്നതിന് വലുതായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ആ വൈകാരിക അടിമത്വം കൊണ്ടാണ് ഇങ്ങനെയുള്ള അവധങ്ങളിൽ കുടുങ്ങിക്കിടക്കും ഇപ്പോഴത്തെ മനുഷ്യനും അങ്ങനെ തന്നെ പക്ഷെ ഒരു പ്രതീക്ഷകൾ എന്താണ് പ്രതീക്ഷയോടെ ഉള്ളത് അതായത് ആധുനിക ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഈ വികാര അടിമത്വത്തിൽ നിന്ന് എല്ലാത്തിനും ചികിത്സിക്കുന്നുമല്ല ഡയബറ്റീക്സിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ ചികിത്സിക്കുന്ന പോലെ ഈ വികാര അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുന്നതിനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കും മനസിലായോ അതിൽ നേരിട്ട് ബ്രെയിനിന് കുത്തിവയ്ക്കണമെന്നൊന്നുമില്ല മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ അവൻ ഈ വികാര അടിമത്വത്തിൽ നിന്നും അവൻ മോചിതനാവുമ്പോൾ രോഗം നന്നാവുന്നൊരു സ്വപ്നം ഒരു പ്രതീക്ഷ നടക്കണമെന്നൊന്നുമില്ല ി ജീ എന്താണോ ഈ പ്രാണികളെല്ലാം ഉണ്ടായത് ജാതാന് ജീവന്തി എന്തിനെ ആശ്രയിച്ചിട്ടാണോ ജനിച്ചതെല്ലാം നിലനിൽക്കുന്നത് പ്രത്യഭിസന്ധി എന്ത് എന്തെങ്കിലാണോ ഇതൊക്കെ ലയിക്കുന്നത് എന്നുവെച്ചാൽ വളരെ പ്രാചീന മനുഷ്യർ ആദിവാസികൾ കാടന്മാർ കടമാരെന്നുവെച്ചാൽ കാട്ടിക്കഴിഞ്ഞവരോ എന്നുള്ള അർത്ഥത്തിലാ പറയുന്നത് മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല ആദിവാസിന്ന് വെച്ചാൽ മുമ്പ് ജീവിച്ചിരുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ ഇന്നത്തെ ആദിവാസികളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാലും ആ മനുഷ്യരിങ്ങനെ ഇരുന്ന് പല സ്വപ്നങ്ങളും കണ്ടു എന്താണ് സ്വപ്നം കണ്ടത് അവർ നോക്കി ഇതൊക്കെ എവിടെ വരുന്നു രാത്രി ചന്ദ്രം വരുന്നു പൗര സൂര്യൻ വരുന്നു ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു അവർക്ക് ഒരുപടിയില്ല ഓരോ ബന്ധുക്കളൊക്കെ വരുന്നു എല്ലാം ചത്തുപോകുന്നു വീണ്ടും വരുന്നു പുതിയ മൃഗങ്ങൾ വരുന്നു പുതിയ വൃക്ഷങ്ങൾ വരുന്നു ഇതൊക്കെ അവൻ ഇരുന്ന് ചിന്തിക്കാണ് എവിടുന്നാണ് ഇതൊക്കെ വരുന്നത് എവിടെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എവിടെയാണ് നശിക്കുന്നത് അവന് ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടാത്തതിനത്തെ പേരാണെന്ത് എന്തോ ഒരു സാധനം ഒരു ഭയങ്കര സാർ പിടി കിട്ടുന്നുണ്ട് ഇപ്പഴെങ്ങനും തെളിയുന്നുണ്ട തദ്ദേശ്രഹ്മ അത് ബ്രഹ്മമാണ് അങ്ങനെ ആ പ്രാചീന മനുഷ്യന് ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് എന്തോന്ന് അങ്ങനെ എന്തോന്നുണ്ടോ ഒരു ഭയങ്കര സാധനം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതൊക്കെ വരത്തുണ്ട് ഇവിടെ ഇങ്ങനെ ഈ സൂര്യന് ചന്ദനും ഒക്കെ മാറി മാറി വരണമെങ്കിൽ എന്തു രാത്രി നോക്കുമ്പോ ആകാശം നിറയെ നക്ഷത്രം പകലൊന്നും കാണാൻ അപ്പൊ യഥോ വായിമായ ഭൂതാൻ ഇതൊക്കെ വരുന്നു ആ പഴയ മനുഷ്യൻ ഭാവനയുള്ള മനുഷ്യൻ ചിന്തിച്ചതിനും അല്ല അതിശയമുണ്ടോ അത്ഭുതപ്പെടാനുണ്ടോ ആരാരും ചിന്തിച്ചു പോകത്തില്ലേ ഇന്നും മനുഷ്യൻ ചിന്തിക്കുകയല്ലേ അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് ഭാവനയിലൂടെ അല്ല ഉത്തരം കിട്ടേണ്ടത് പിന്നെ എങ്ങനെയാണോ വളരെ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെ കൃത്യമായ അന്വേഷണങ്ങളിലൂടെ ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളാണ് ഇത്ര എളുപ്പത്തിൽ ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളല്ല ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ആവശ്യമാണ് അങ്ങനെ കാലം കൊണ്ട് ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾക്കാണ് ഇവര് പഴയ അവരുടെ ഭാവനയിൽ ഇവിടെ ഉത്തരം കണ്ടെത്തിയത് അപ്പോ അന്നത്തെ നിലയ്ക്ക് അത് മതി വേണ്ടി അത് മതി സമാധാനമാണല്ലോ വേണ്ടത് ഒരു സമാധാനത്തിനുവേണ്ടി ഇത്ര ഉത്തരങ്ങളൊക്കെ കൊണ്ട് മതി കുഴപ്പമൊന്നും ഇല്ല ദോഷമൊന്നുമില്ല ഈ ഉത്തരങ്ങളൊന്നും ഇനി വരുന്ന കാലത്തേക്ക് ഇതൊന്നും പോരാതെ വരുന്നു അത് പോരാതെ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി ഇന്നും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകം മുഴുവൻ മനുഷ്യരെന്തെയ്യുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അവർ ഭൂമിയിൽ അന്വേഷിക്കുന്നു ആകാശത്തെ അന്വേഷിക്കുന്നു മറ്റ് ഗ്രഹങ്ങളിൽ പോയി അന്വേഷിക്കുന്നു ഓരോന്നും മുറിച്ചു നോക്കി അന്വേഷിക്കുന്നു അങ്ങനെയൊക്കെ പല പഠനങ്ങളും നടത്തി കണ്ടെത്തേണ്ട കാര്യമാണ് വിത്യാദ്യ ശ്രുത അതാണ് ശ്രുതി എന്ന് പറയുന്നത് ബ്രഹ്മ അതിനെ നീ അറിയൂ അതാണ് അറിയാൻ ആഗ്രഹിക്കൂ അതാണ് ബ്രഹ്മം ഇത് പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസാ കർമ്മത്വം ദർശിക്കുന്നു പറയുന്നിടത്ത് നേരിട്ട് പ്രത്യക്ഷം എന്ന് വെച്ചാൽ കർമ്മം ബ്രഹ്മമാണെന്ന് ശ്രുതി കാണിക്കുന്നു അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം കർമ്മനിഷ്ടി സ്വീകരിക്കണം ശേഷ ഷ്ടി സ്വീകരിക്കാൻ പാടില്ല ഇനി പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മം തച്ച കർമ്മനിഷ്ടി പരിഗ്രഹേ സൂത്രേണ അനുഗതം ഭൂതി ഞാനിത് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ അകഥെന്നുള്ള അർത്ഥത്തില്ല പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഇനിയും മനുഷ്യൻ ചിന്തിക്കണം അന്വേഷിക്കണം പഠിക്കണം കണ്ടെത്തണം എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അവരെന്താ എത്രത്തോളം അവർ മനസ്സിലാക്കി അത്രത്തോളം നല്ലത് തന്നെ ഇത്രയൊക്കെ മനസ്സിലാക്കിയല്ലോ അത് നല്ലത് തന്നെ പക്ഷെ ഇവിടെങ്കിലും അവസാനിക്കുന്ന കാര്യമാണ് എന്ന് ധരിക്കരുത് തച്ച കർമ്മി ഷഷ്ടി പരിഗ്രഹേ സൂത്രേണ അനുഗതം ബോധി ആണ് കർമ്മ ഷഷ്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സൂത്രവുമായി യോജിക്കുന്നു സൂത്രം ഭഗവതി എന്ന് വെച്ചാൽ സൂത്രവുമായി യോജിക്കുന്നു എന്ത് യോജിക്കുന്നു യോജിക്കുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യണം കർമ്മ ഷഷ്ടി പരിശോധിക്കണം അപ്പൊ ശ്രുതിയോട് സൂത്രം യോജിക്കണം ശ്രുതിക്ക് വിരോധം വരാൻ പാടില്ല സൂത്രം രണ്ടാമതേ വരുന്നുള്ളൂ തസ്മാ ബ്രഹ്മണി കർമ്മണി ഷഷ്ടി അതുകൊണ്ട് ബ്രഹ്മണ എന്ന് പറയുന്നത് എന്താണ് കർമ്മണി ഷഷ്ടിയാണ് അല്ലാതെ ശേഷി ഷഷ്ടിയല്ല അല്ലെങ്കിൽ പൂർവീമാംസയിൽ പറഞ്ഞപോലെ എന്താണ് ധർമ്മ ജിജ്ഞാസ് അങ്ങനെ വരാൻ പാടില്ല ധർമ്മണിന്നല്ല ധർമ ധർമയ ജിജ്ഞാസ അങ്ങനെ വരാൻ പാടില്ല ജ്ഞാദമിച്ച ജിജ്ഞാസ ജിജ്ഞാസ ഇപ്പൊ ഷഷ്ടിയുടെ കാര്യം തീരുമാനമായി അധശബ്ദം തീരുമാനമായി അധവീരുമാനമായി ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് വിഗ്രഹം തീരുമാനമായി ബ്രഹ്മ എന്ന് പറയുന്ന കർമ്മണി എന്തായാലും ഷഷ്ടിയാണ് പിന്നെ അത് കർമ്മി ഷഷ്ടിയാണോ ശേഷ ഷഷ്ടിയാണോ എന്നുള്ള തർക്കമേ ഉള്ളൂ അതും തീരുമാനമായി എന്ത് കർമ്മി ഷഷ്ടി ഇനി വരുന്നത് എന്താണ് ജിജ്ഞാസ എന്ന് പറയുന്നു ജ്ഞാദിച്ച ജിജ്ഞാസ അത് വ്യക്തി അപഗതി പര്യന്തജ്ഞാനം സന്മാ ഇച്ഛായ കർമ്മ ഫലവിഷയത് ഇച്ഛായ മന്ദിക്കുന്നത് അതെ പറഞ്ഞാണ് ഓർമ്മയേണ്ട സമ്മാനകർത്തൃക ഇച്ഛ എമ്മ പ്രകാരം സൻ വന്നിരിക്കുകയാണ് അപ്പോ സൻ എന്ന് പറയുന്നതിന്റെ വാച്യം എന്താണ് അത് ഇച്ഛാർത്ഥത്തില അതിന്റെ കർമ്മം എന്താണ് ജ്ഞാനമാണ് എന്താണ് ജ്ഞാതും അപ്പൊ ഇച്ഛയുടെ കർമ്മം എന്തായി ഞാൻ റിയുന്നതിന് ആഗ്രഹം എന്തിനെ അറിയുന്നതിന് ജ്ഞാനത്തെ അപ്പൊ ജ്ഞാനമായ എന്ത് കർമ്മം ഞാതും അറിയുന്നതിനും എന്ത് ഇച്ഛ എന്തിനു ബ്രഹ്മത്തെ ബ്രഹ്മവും ബ്രഹ്മത്തെ അറിയുന്ന അതിനുള്ള ഇച്ഛ അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഇച്ഛ അറിവ് ബ്രഹ്മം അപ്പൊ ഇച്ഛയുടെ കർമ്മമായി ൂ ജ്ഞാനം സന്മാ കർമ്മ ആ ഞാൻ എങ്ങനെയുള്ള ജ്ഞാനം അപഗതി പര്യന്തം ജ്ഞാനം അവഗതി പര്യന്തമുള്ള ഈ അപഗതി എന്ന് പറയുന്ന ജ്ഞാനം എന്ന് പറയുന്ന എന്തോ അവഗതി വരെയുള്ള ജ്ഞാനം എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ അപഗതി എന്താണ് അവഗതി എന്ന് പറയുന്നത് എന്താണ് ഉം അപഗതി എന്താണ് അപഗതി പര്യന്തം ജ്ഞാനെന്തായി ജ്ഞാനം വരെയുള്ള ജ്ഞാനം ജ്ഞാനം വരെയുള്ള ജ്ഞാനം പറഞ്ഞ എന്താണ് ഇവിടെയാണ് പദ്ധതികളുടെ ഇത് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം വ്യത്യാസമുള്ള ജ്ഞാനവും അവഗതിയും ഒന്നാകാൻ പാടില്ല എന്തുകൊണ്ട് അവഗതി പര്യന്തം ഞാൻ അവഗതിയുടെ അടുത്ത് ജ്ഞാനമൊന്നാണ് അവഗമനം ജ്ഞാനം അപ്പൊ അവഗതി പര്യന്തം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞ ജ്ഞാനം എന്ന് പറയുന്നത് എവിടെ തുടങ്ങണം സ്വാധ്യായ ആനന്ദിന് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വാധ്യായം ഭേദാത്തിന്റെ സ്വാധ്യായം ചെല്ലുന്നിടത്ത് തന്നെ അവർക്കൊരു ഇതാണ് ജ്ഞാനമുണ്ട് പിന്നെ ഗുരുവിനെ സമീപിച്ച് ശ്രമിക്കുന്നു അവിടെയും ഞാനുമുണ്ട് അവഗതിയില്ല അത് കഴിഞ്ഞ് മനനം ചെയ്യുന്നു അവിടെ എന്തുണ്ട് ഞാനുമുണ്ട് അവിടെ അവഗതിയില്ല അത് കഴിഞ്ഞ് നീധ്യാസനം ധ്യാനം ചെയ്യുന്നു അവിടെ എന്തുണ്ട് ഞാനുമുണ്ട് അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു സാക്ഷാത്കാരം അവിടെ എന്താണ് അവഗതിയുണ്ട് അപ്പൊ സ്വാധ്യായം ശ്രവണം മനനം നിര്യാസനം കഴിഞ്ഞുവരുന്ന സാക്ഷാത്കാരത്തെയാണെന്ന് പറയുന്നത് അവഗതി അപ്പൊ അവഗതി പര്യന്തം ജ്ഞാനം എന്ന് പറയുമ്പോൾ സാക്ഷാത്കാരത്തിനുമ്പുള്ള എല്ലാ ജ്ഞാനങ്ങളെയും ജ്ഞാനമായിട്ടെടുക്കണം സാക്ഷാത്കാരത്തെ എന്തായിട്ടെടുക്കണം അവഗതിയായിട്ടെടുക്കണം അങ്ങനെ ഭാഷകാലം പറയുന്നുണ്ടോ ഇവിടെ ഉണ്ടോ ഞാൻ വ്യാഖ്യാനിച്ചതാണ് പക്ഷുകാരം എങ്ങനെയെന്നും പറയുന്നില്ല പക്ഷുകാരം ഇവിടെ അപഗതി പര്യന്തം ഞാനോ എന്ന് പറഞ്ഞപ്പം വായിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാവും അത്രേ എന്ത് അപഗതി തന്നെ ഞാനും പിന്നെ അവഗതി പര്യന്തം ഞാനും പറഞ്ഞ എന്താ അപ്പൊ ആശയസ്പഷ്ടമാഅ എന്തു ചെയ്യേണ്ടി വരും വ്യാഖ്യാനിക്കേണ്ടി വരും വ്യാഖ്യാനിക്കുമ്പോ ഇങ്ങനെ വരും അതാണ് ഈ പറഞ്ഞത് ഈ അപഗതി എന്ന് പറയുന്ന എവിടെ എത്തണം സാക്ഷാത്കാരത്തിന് ആ സാക്ഷാത്കാരം എവിടെയാ സംഭവിക്കുന്നത് എവിടെയാണ് സാക്ഷാത്കാരം സംഭവിക്കുന്നത് സമാധി കാരണം ഇതിഹാസനം എന്നുവെച്ചാൽ ധ്യാനമാണ് ഇതിഹാസനത്തിനുണ്ടാകുന്നതാണെന്ത് സാക്ഷാത്കാരം അപ്പൊ ആ സാക്ഷാത്കാരം എവിടെ സംഭവിക്കുന്നു സമാധി അല്ലെങ്കിൽ സമാധിയാണ് സാക്ഷാത്കാരം അതിനാണ് ഇവിടെ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെയുണ്ട് എന്ന് സമാധിയാണ് ജ്ഞാനം എന്നുള്ള പക്ഷത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കും ഭാഷകാരായതോടെ ഒന്നും പറയുന്നില്ല ഇനി വേറൊരർത്ഥം പറയാൻ എന്താണ് സ്വാധ്യായം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു പക്ഷെ എന്തുണ്ട് പ്രശ്ന അവിടെ അജ്ഞാന സംശയം ഉണ്ട് അപശ്രവണം ചെയ്യുന്നു ഗുരുവിന്റെ അടുത്ത് പോയി അവിടെ എന്തുണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു പക്ഷെ എന്തുണ്ട് സംശയ വിവരം മനനം ചെയ്യുന്നു അവിടെ എന്തു ചെയ്യുന്നു സംശയവിവര്യങ്ങളുണ്ട് പിന്നെ പറയുന്നു നിധിധ്യാസനം നിതിധ്യാസി ദവ്യ അനുഭാഷികം പറയുന്നത് നിശ്ചയരൂപത്തിൽ ചിന്തിക്കുക എന്താണ് അജ്ഞാന സംശയവിവരങ്ങൾ നശിക്കത്തീതിയിൽ നിശ്ചയം ഉണ്ടാക്കുക ആ രീതി ചിന്തിക്കുക അപ്പൊ അതാണെന്ത് അവഗതി അപ്പൊ അജ്ഞാന സംശയ ചിന്ത ആ ചിന്തയിൽ ഉണ്ടാകുന്ന ചിന്താരൂപത്തുള്ള ജ്ഞാനം അതാണ് എന്ത് അപഗതി അപ്പൊ രണ്ടുപക്ഷവും പറയാം രണ്ടു തരത്തിലും പറയാം ദോഷമൊന്നും രണ്ടു തരത്തിലുമൊക്കെ അപ്പോ സമാധിയില് എന്താണ് నేల భాషే పర్ణ చమ్మణం పొట్టి ఇర్నిట్ పుర్ణాన పుర్ణాన పొడి పుర్ణ సమాది నిడిరిక లాడేయి ఇందా చిந்தி సబ్జీ భేరీగలు మార్చాలం మది అన్నాదు పోర సమాది ఇకనొచ్చు అన్యలా ఓరోర్త ఇష్టు సావరీయ కలువుక పోలేంద యా అవగదియ వ్యాఖ్యానికం చందారుక పొంది ఇందుల ఎన్నానూ ക്ഷികം പറയും സാധാരണക്കാർക്കുണ്ടാകുന്ന ജ്ഞാനം അല്ല ഈ വേദാന്ത ശ്രവണ മനനങ്ങൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ജ്ഞാനമാണ് ആ ജ്ഞാനത്തിലായിരിക്കും തത്ത് മസി അതാണ് അഹമ്മലി അതാണ് എന്താണ് താൻ സത്ത് തന്നെയാണ് താൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ആ പറയുന്നു അതാണ് ഈ അവഗതി പര്യന്തം ജ്ഞാനത്തെ ആവർത്തിച്ചിരിക്കുന്നു അവഗതി എന്ന് പറഞ്ഞാലും ജ്ഞാനം തന്നെ അവധി പര്യന്തം ജ്ഞാനം പറഞ്ഞാലും അപ്പൊ അത് വരുന്ന വ്യത്യാസം അങ്ങനെ മനസ്സിലാക്കണം അത് എവിടെ മൂന്ന് തുടങ്ങണം സ്വാധ്യായം മുതൽ തുടങ്ങണം എവിടെ അവസാനിക്കുന്നു എവിടെയാണ് അവസാനിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞത് എവിടെയാണ് അവസാനിക്കുന്നത് സ്വാധ്യായത്തിൽ തുടങ്ങി ബാക്കിയെന്താ വ്യാഖ്യാനം ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ളത് അവരവരുടെ കഴിവ ബോധം അനുസരിച്ച് ഇതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ അപ്പോ സമാധിയിലാണ് അറിയുന്നതെങ്കിൽ അതിനെ അപരോക്ഷ സാക്ഷാത്കാരമെന്ന് പറയും അഖണ്ഡാകാര സാക്ഷാത്കാരമെന്ന് പറയും അപ്പൊ വ്യാഖ്യാനത്തിൽ പറയും അഖണ്ഡാകാര സാക്ഷാത്കാരം എന്ന് പറയും അല്ല സമാധിയിലല്ല അറിയുന്നുണ്ടെങ്കിൽ അതിന് നിശ്ചയാത്മകമായ ജ്ഞാനമെന്ന് പറയും രണ്ടുതരത്തിലും പറയും രണ്ടുതരത്തിലും ഇവർ വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാനുള്ള പഴുതു ഭാഷകാരെച്ചിട്ടുണ്ട് അത് ബ്രഹ്മജ്ഞാനികൾ കൂടുതലും വ്യാഖ്യാനിക്കുന്നത് അപരോക്ഷ സാക്ഷാത്കാരം അഖണ്ഡ ബ്രഹ്മാകാര വൃത്തി അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് സമാധി സാക്ഷാത്കാരമായിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഒരു പത്ത് ശതമാനമാണ് അതിന് നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് വ്യാഖ്യാനിക്കുന്നു അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കും എന്തായാലും ഇവിടെ അത് തീരുമാനമാകണം എന്താണ് അപഗതി ജ്ഞാനം എന്നുള്ളത് ോട്ട് പോവാൻ പറ്റും ശരി